അവർ തങ്ങളുടെ സാധനങ്ങൾ തുറന്നു നോക്കിയപ്പോൾ തങ്ങളുടെ സാധനങ്ങൾ അവർക്കു തന്നെ തിരിച്ചുകിട്ടിയതായി കണ്ടു അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവേ ഇനി ഞങ്ങൾ എന്താഗ്രഹിക്കണം ഇതാ ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾക്കു തന്നെ തിരിച്ചുകിട്ടിയിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുകാർക്ക് ഭക്ഷണവും എത്തിക്കും ഞങ്ങളുടെ സഹോദരനെയും സംരക്ഷിക്കും ഒരു ഗാമലിന്റെ അളവ് അധികമായും ലഭിക്കും അത് ചെറിയൊരു അളവ് മാത്രമാകുന്നു